മറിയമ്മിന്റെ മകൻ ഈസ അലി ഹിസ്സലാമിനോട് അള്ളാഹുസുബാനഹുവാല ഇപ്രകാരം പറഞ്ഞ സന്ദർഭം മറിയമ്മിന്റെ മകനായ ഈസ നിന്റെ മേലും നിന്റെ മാതാവിന്റെ മേലും ഞാൻ ചെയ്ത അനുഗ്രഹത്തെ നീ ഓർക്കുക പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിയപ്പോൾ തൊട്ടിലിലും മുതിർന്ന പ്രായത്തിലും നീ ജനങ്ങളോട് സംസാരിച്ചു വേദഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന സന്ദർഭവും ഓർക്കുക എന്റെ അനുമതിയോടെ നീ കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതിയപ്പോൾ അത് എന്റെ അനുമതിയോടെ ഒരു പക്ഷിയായി മാറിയ സന്ദർഭവും ഓർക്കുക എന്റെ അനുമതിയോടെ നീ ജന്മനാ കാഴ്ചയില്ലാത്തവനെയും കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തിയ സന്ദർഭവും ഓർക്കുക എന്റെ അനുമതിയോടെ നീ മരിച്ചവരെ ജീവിപ്പിച്ച സന്ദർഭവും ഓർക്കുക വ്യക്തമായ തെളിവുകളുമായി നീ അവരുടെ അടുക്കൽ വന്നപ്പോൾ ഇസ്രായേൽ സന്തതികളെ ഞാൻ നിന്നിൽ നിന്ന് തടഞ്ഞ സന്ദർഭവും ഓർക്കുക അപ്പോൾ അവരിലെ സത്യനിഷേധികൾ പറഞ്ഞു ഇത് വ്യക്തമായ ഒരു മാന്ത്രികവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല